ഞങ്ങൾ വിളിച്ചപ്പോൾ നീ തൂർപർവ്വതത്തിന്റെ വശത്തായിരുന്നില്ല എന്നാൽ നിനക്കു മുൻപ് ഒരു മുന്നറിയിപ്പുകാരനും വരാത്ത ഒരു ജനതയെ നീ താക്കീത് ചെയ്യേണ്ടതിന് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യമായിരുന്നു അത് അവർ ചിന്തിച്ചു മനസ്സിലാക്കട്ടെയെന്ന് കരുതി